ർക്കും എൻ്റെ പ്രണമ ഗീത ഏഴാം അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്തത് ഏഴാം അധ്യായത്തിൽ രണ്ട് വിഷയങ്ങളാണ് ജ്ഞാനം വിജ്ഞാനം ജ്ഞാനം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് ജ്ഞാനത്തിൻ്റെ ചുരുക്കം ഇത്രയുള്ളൂ ബ്രഹ്മവുമായി ഈ പ്രപഞ്ചത്തിന് എന്താണ് ബന്ധം അത് സിദ്ധാന്തപരമായി അറിയുക അത് ഭഗവാൻ വിസ്തരിച്ച് പറഞ്ഞു ബ്രഹ്മത്തിൻ്റെ ഒൻപത് പ്രകൃതികൾ ചേർന്നതാണ് ഈ പ്രപഞ്ചം അതിലെട്ട് പ്രകൃതികൾ ജഡ് പ്രകൃതികളാണ് ഒന്ന് മാത്രം ബോധപ്രതിബിംബം എട്ട് പ്രകൃതികൾ പഞ്ചഭൂതം അഹങ്കാരം സത്വബുദ്ധി അതായത് പ്രാണൻ അവ്യക്തം അഥവാ അല്ല നേരത്തെ അഹങ്കാരം എന്ന് പറഞ്ഞതും മനസ്സാണ് പക്ഷേ പഞ്ചഭൂതങ്ങൾ പ്രാണൻ അഹങ്കാരം അങ്ങനെ എട്ടെണ്ണം ഒൻപതാമത്തെ പ്രകൃതി ജീവനാണ് ആദ്യത്തെ എട്ട് പ്രകൃതികളെ അപരപ്രകൃതി എന്ന് പറയുന്നു ഇതൊക്കെ ഓർമ്മിച്ചുകൊണ്ട് വന്ന് ഓർമ്മിച്ചിരുന്നാൽ അത്ര വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളല്ല നമ്മളറിയുന്ന വിഷയത്തിൽ അത്ര വളരെ പ്രാധാന്യം ഇതിനില്ല ഈ പേരുകളൊക്കെ മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഓർമ്മച്ച് വെച്ചാ മതി ആദ്യത്തെ ഏട്ടെണ്ണം അപരാപ്രകൃതി അതായത് ജലപ്രകൃതി ഒൻപതാമത്ത ജീവൻ ബോധ പ്രകൃതി അതുകൊണ്ട് അതിനെ പരാ എന്ന് പറയുന്നു ഈ എട്ട് ജലപ്രകൃതികളെല്ലാം പ്രതിബിംബിച്ച് നിൽക്കുന്നതാണ് ജീവൻ അഥവാ പരാപ്രകൃതി ഈ ബോധപ്രകൃതി അതായത് ജീവൻ അത് പ്രതിബിംബിക്കുന്നത് കൊണ്ടാണ് മറ്റെട്ട് പ്രതികളും എട്ട് പ്രകൃതികളും ഉള്ളതായിത്തീരുന്നത് പ്രവർത്തിക്കുന്നത് ബോധ പ്രകൃതിയായ ജീവൻ പരാപ്രകൃതി മറ്റെട്ടെണ്ണം ജമായതുകൊണ്ട് അപരാപ്രകൃതി അപരാന്ന് പറഞ്ഞാൽ താണത് പരാ പറഞ്ഞാൽ ശ്രേഷ്ഠമായത് ഇത് സാമാന്യമായി ഓർമ്മിച്ചാൽ ഭഗവാൻ പറയുന്നത് ഈ ഒൻപത് പ്രതികൾ പ്രകൃതികളും ചേർന്നതാണ് ജഗത്ത് മുഴുവൻ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുണ്ടെങ്കിൽ ഈ ഒൻപത് പ്രകൃതികളും ചേർന്നതാണ് പ്രകൃതി എന്ന് പറഞ്ഞാൽ വസ്തുവിൽ അതായത് ഭഗവാൻകൾ ബ്രഹ്മത്തിൽ സ്വയം പൊന്തി കാണപ്പെടുന്ന കാഴ്ചകൾ ബ്രഹ്മത്തിൻ്റെ സ്വഭാവം ബ്രഹ്മത്തിൻ്റെ സ്വഭാവമാണ് പ്രകൃതി സ്വയം പൊന്തി കാണപ്പെടുന്ന കാഴ്ചകൾ ഈ ഒൻപത് പ്രകൃതി ബ്രഹ്മത്തിൽ പൊന്തിക്കാണപ്പെടുന്ന അതിൻ്റെ സ്വഭാവമാണ് പുറത്ത് നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇതെന്തിന് എങ്ങനെ ഈ രണ്ട് ചോദ്യത്തിനും ഒരിക്കലും പിടികിട്ടില്ല അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങൾ പ്രാണൻ മനസ്സ് ഇത് ബ്രഹ്മത്തിൽ പൊന്തി എങ്ങനെ പൊന്തി വന്നു പുറത്തുനിന്ന് അന്വേഷിക്കുന്ന ആൾക്കൊരിക്കലും പിടിയിട്ടില്ല ചന്ദ്രനിൽ പോയാലും പിടിയിട്ടില്ല സൂര്യന് പോയാലും പിടികിട്ടില്ല എന്തിന് എങ്ങനെയെന്നുള്ളതിരിക്കട്ടെ എന്തിനാണ് ഈ പ്രകൃതി ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ എന്തിനാണ് അല്ല ഇവിടെ ഇത്രയും പേരിപ്പോൾ ഉണ്ടല്ലോ ഈ ജഗത്ത് എന്തെങ്കിലും ഒരു പ്രയോജനം പറയാമോ അല്ലാതെ ഞങ്ങൾക്ക് കാപ്പി കുടിക്കാനാണ് അതൊന്നും പറഞ്ഞാൽ പോരാ അല്ലെങ്കിൽ കല്യാണം കഴിക്കാനാണ് പ്രകൃതി അതൊക്കെ ഇവിടെ വന്നതിന് ശേഷം നിവൃത്തിയില്ലാതെ നടന്നു പോകുന്ന ചില കർമ്മങ്ങൾ വാസ്തവത്തിൽ എന്തിനാ ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ പോട്ടെ കുറഞ്ഞ പക്ഷം നമ്മുടെ ഈ ഭൂമി മാത്രമെങ്കിലും ഇല്ലെന്ന് കരുതുക എന്ത് സ്വസ്ഥമായ എന്തിനായി ഭൂമി ഭൂമി ഇപ്പോൾ ഇങ്ങനെ വന്നു ഇപ്പോൾ ആകെ ഒരു കുഴപ്പത്തിലാണ് ദുരിതവും എപ്പോഴാണ് ഈ ഭൂമി ഇല്ലാതാകുന്നതെന്ന് ആധുനിക ശാസ്ത്രജ്ഞൻ തന്നെ ആകെ അമ്പരന്ന് നിൽക്കുകയാണ് എന്തിനാണ് അത് ഉണ്ടായി കുറേ നാളിങ്ങനെ എഴുതുന്നു നമ്മളൊക്കെ അതിലുണ്ടായി നമ്മളൊക്കെ എന്തിനുണ്ടായി ഭൂമിയുടെയൊക്കെ കാര്യം പോട്ടെ നമ്മളെ ഓരോരുത്തരുടെയും കാര്യം ഞാൻ പലപ്പോഴും ആലോചിച്ചു ഞാൻ എന്തിനാ ഉണ്ടായത് കേന്ദ്രത്തിൽ ഗീതാ ക്ലാസ് എടുക്കാൻ ആണോ ഉണ്ടായത് ഇവിടെ വന്നപ്പോയി ഇങ്ങനെയൊക്കെ വന്നു പോയി അല്ലാതെ എന്തിനാ വേദാന്തം പ്രചരിപ്പിക്കാൻ വേദാന്തം പ്രചരിപ്പിക്കാനാണെങ്കിൽ അതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞ ശേഷം നിവർത്തിയില്ലാതെ വന്നുപോയി അതിലെത്രയോ പേര് വന്നു കഴിഞ്ഞു വേദാന്തം പ്രചരിപ്പിക്കാൻ എത്ര പ്രചരിപ്പിച്ചിട്ടും വലിയ ഫലമൊന്നും ഉണ്ടാവുന്നുമില്ല ഇത് ഞാനല്ല പറയുന്നത് ഇതാ കൃഷ്ണൻ പറയാൻ പോകുന്നു പ്രചരിപ്പിച്ചു വേദാന്ത സത്യം ഉൾക്കൊള്ളുന്നവർ എത്ര പേരുണ്ട് ഇത്രയും നാൾ പ്രചരിപ്പിച്ചിട്ട് കൃഷ്ണൻ അടുത്ത ശ്ലോകം വിജ്ഞാനത്തിൽ പറയുകയാണ് മനുഷ്യണം സഹസ്രേഷു കഷ്ടി യതതി സിദ്ധയെ യഥതാമപി സിദ്ധാനം കഷ്ടിത് മാം വേത്തി തത്വത ആയിരമായിരം പേരിൽ മാത്രമേ കഷ്ടിച്ച് ഈ സത്യം അന്വേഷിക്കാൻ പോലും തുടങ്ങുന്നുള്ളൂ അർജുന ഇത് ഇനി ഈ വിജ്ഞാനത്തിൽ പറയാൻ പോവാണ് അപ്പം ഇതാണ് സ്ഥിതി വേദാന്തമൊക്കെ എത്രയോ മുൻപ് വ്യാസഭഗവാൻ പ്രചരിപ്പിച്ചു വ്യാസഭഗവാൻ ഭാരതം എഴുതി എപ്പോഴാണ് എഴുതിയതെന്ന് ആർക്കും ഒരു നിശ്ചയമില്ല ഉപനിഷത്തുക്കൾ രചിക്കപ്പെട്ടു വേദാന്തത്തിൻ്റെ കാതലായ ഭാഗം ആര് രചിച്ചു എപ്പ രചിച്ചു ആർക്കും ഒരു പ്രകൃതി ഈ പ്രപഞ്ചം പൊന്തി വന്നതിൻ്റെ കൂട്ടത്തിൽ സ്വാഭാവികമായി അവയും പൊന്തി വന്നു എന്ന് വേണം കരുതാൻ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ സ്വയം പൊന്തിച്ച് കാണിക്കാൻ കഴിയുന്ന ഭഗവാനാണെങ്കിൽ അദ്ദേഹത്തിന് ഈ ഉപനിഷത്തുകൾ പൊന്തിച്ച് കാണിച്ചുകൂടെ ഭാഗവതം തന്നെ പറയുന്നത് ഭഗവാൻ ബ്രഹ്മം വേദം രചിച്ചു എന്നാണ് എന്താ എന്നേതോ അന്വയാദിതര സ്ഥേശ്വവിഘ്നസ്വരാ ബ്രഹ്മ അർത്ഥങ്ങൾ നല്ലവണ്ണം പിടികുണ്ടായിരുന്ന ഭഗവാൻ ബ്രഹ്മ എന്ന് വെച്ചാൽ വേദം തേനെ രചിച്ചു അതെങ്ങനെയായി ബോധസ്വരൂപനായ ഭഗവാൻ എങ്ങനെയാണ് ബ്രഹ്മം രചിക്കുന്നത് ബോധസ്വരൂപനായ ഭഗവാൻ സൂര്യനെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് സൂര്യനെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഭഗവാനാണെങ്കിൽ ഒരു വേദത്തെ രചിക്കാൻ ഭഗവാൻ എന്താ പ്രയാസം അപ്പോൾ അത്തരം ചോദ്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല എന്തിന് ഇങ്ങനെ ഈ ഒൻപത് പ്രകൃതികൾ ഭഗവാന്റെ പ്രകൃതികൾ ചേർന്നതാണ് ഈ പ്രപഞ്ചം ഭഗവാനും ഭഗവാൻ്റെ പ്രകൃതികൾ അന്തിമമായി പറഞ്ഞു വരുമ്പോൾ ഭഗവാൻ തന്നെയാണ് ഏത് വസ്തുവിൻ്റെയും പ്രകൃതി അന്തിമമായി വിശകലനം ചെയ്യുമ്പോൾ വസ്തു തന്നെയാണ് മരുഭൂമിയിൽ കാനൽ ജലം കാണുന്നു മരുഭൂമിയുടെ പ്രകൃതിയാണ് കാനൽ ജലത്തെ കൊണ്ടെന്ന് തോന്നിക്കുന്നത് അന്തിമ വിശകലനത്തിൽ കാനൽ ജലം മരുഭൂമി തന്നെ ഒരു വ്യത്യാസവുമില്ല അണു പോലും വ്യത്യാസമില്ല ഇത്രയോ ഓർമ്മിച്ചാൽ പ്രകൃതി ഭഗവാൻ തന്നെ അണു പോലും വ്യത്യാസമില്ല നേഹനാ നസ്തി കിഞ്ചന ലേശം പോലും പലതില്ല ഈശോ നം സർവം യത് കിഞ്ച ജഗത്യം ജഗത്ത് ഈ ജഗത്തിൽ ജഗത്തായി എന്തെന്തൊക്കെയുണ്ടോ ഒക്കെ ഈശ്വരൻ പിടികുട്ടിയ ഒൻപത് പ്രകൃതി ഈ ഒൻപത് പ്രകൃതിയും അന്തിമമായി പറഞ്ഞു വരുമ്പോൾ ഭഗവാൻ തന്നെ ഇതാര് പറയുന്നു കൃഷ്ണൻ ഇതാണ് വിജ്ഞാനം പിന്നെ നമ്മൾ വിജ്ഞാനത്തിലേക്ക് കിടക്കുകയാണ് വിജ്ഞാനം ഈ ജ്ഞാനം അനുഭവിക്കാനുള്ള കഴിവ് അനുഭവിക്കാൻ കഴിവെന്തു വേണം ഇപ്പോൾ പറഞ്ഞില്ലേ ഒൻപത് പ്രകൃതി ആ ഒൻപത് പ്രകൃതി പ്രകൃതിയുടെ പേരൊന്നും അറിഞ്ഞില്ലെങ്കിലും ഒൻപത് പ്രകൃതിയും ഭഗവാൻ തന്നെ കൃഷ്ണൻ പറയുന്നു എന്താ എത യോനി സർവാണി ഭൂത്താനീത്യവധാരയ അഹം കൃത്സ്ണഗത് പ്രഭവ പ്രളയസ്ഥഥ അർജുന ഈ ഒൻപത് പ്രകൃതിയും ചേർന്നതാണ് ഈ പ്രപഞ്ചം പ്രകൃതികളോ എൻ്റെ സ്വഭാവം അപ്പോൾ ആലോചിച്ചു നോക്കൂ അഹം ഞാനാണ് കൃത്സ്ന ജഗത ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ മുഴുവൻ പ്രഭവപ്രളയ ഉത്പത്തിസ്ഥാനവും ലയസ്ഥാനവും ഈ പ്രപഞ്ചമുണ്ടാകുന്നതും ലയിക്കുന്നതും എന്നിൽ അർജുന ഒരു വസ്തുവിൽ പൊന്തി വന്ന് അതിൽ തന്നെ ലയിക്കുന്നത് അതല്ലാതെ മറ്റൊന്നും ആവാൻ പറ്റില്ല സമുദ്രത്തിൽ പൊന്തി വന്ന് കുറച്ച് നേരം അങ്ങനെ ഇങ്ങനെയൊക്കെ നിന്നിട്ട് സമുദ്രത്തിൽ ലയിക്കുന്ന തിരകളും കുമളകളും സമുദ്രമല്ലാതെ വേറെ എന്താവാൻ ഇപ്പം നമ്മുടെ ഈ അനുഭവം എന്ന് പറയുന്നത് നമ്മളെന്നും ഇവിടെ പറയുന്ന കാര്യം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വേദാന്തം എന്ന് തുടങ്ങി എന്നെ ആർക്കൊന്നും ഇഷ്ടമില്ല പക്ഷേ എത്ര പേര് ഇത് അനുഭവിക്കുന്നു അനുഭവിക്കുന്നു എന്നത് പറയാൻ ഗീതയിൽ തന്നെ ഭഗവാൻ ആവർത്തിച്ചു പറയുന്ന കാര്യം ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ഈ കാണുന്നതൊക്കെ ഞാൻ ബ്രഹ്മം എന്തായാലും നല്ലതായാലും ചീത്തയായാലും സുന്ദരമായാലും വിരൂപമായാലും ഒക്കെ ഞാൻ ഒരാൾക്ക് ഈ കാര്യം ബോധ്യപ്പെട്ടോ അവന് സ്വയം അസത്യമായിത്തീരുന്നു ബ്രഹ്മമായി തീരുന്നു അതാണ് മോക്ഷം അവൻ്റെ എല്ലാ ദുഃഖങ്ങളും തീർന്നു കിട്ടുന്നു അവൻ ജനന ദുഃഖ ജന്മദുഃഖമില്ല മരണ ദുഃഖമില്ല ബോധം ജനിക്കുന്നതും മരിക്കുന്നതുമല്ല ഇതിന് തയ്യാറുണ്ടോ എത്ര പേർ തയ്യാറുണ്ട് അതായത് എല്ലാം ബ്രഹ്മമാണ് എന്ന് സ്വയം ഉള്ളിലുറപ്പിച്ച് ജീവിക്കുക ജീവിതത്തിൻ്റെ പരമലക്ഷ്യം എന്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ എന്നെ ആശ്രയിച്ച് കഴിയുന്നവർ ഈ ജീവിതത്തിൻ്റെ പരമലക്ഷ്യം എന്താണ് എത്ര പേർക്കറിയാം ഒരു ദശി ഭൂമിലവിടെ വരുന്നു കാപ്പി കുടിക്കുന്നു വഴക്ക് കൂടുന്നു മരിക്കുന്നു തീർന്നു ഏത് ചക്രവർത്തിയും ഏത് ചക്രവർത്തിയും അത്രയേ ചക്രവർത്തിമാരാണ് കൂടുതലും ഒരു സുരഭൂമിലാകെ മരിക്കുന്നവരുടെ ചക്രവർത്തിയാണ് എന്താണ് യുദ്ധവും കിട്ടിയതൊന്നും പോരതാനും ഇപ്പം പ പത്രമെടുത്ത് നോക്കിയാൽ ദിവസേന എത്ര സ്ഥലങ്ങളിലാണ് ഇലക്ഷൻ പ്രധാനമന്ത്രിയാവാൻ കള്ളത്തരങ്ങൾ കാണിക്കുക അതിനാ രാജ്യം മുഴുവൻ വല്യ ബഹളം ഇങ്ങനെ പോകുന്നു മരിക്കുക അപ്പോൾ എന്ത് കിട്ടി കിട്ടിയതെന്താണെന്ന് വെച്ചാൽ അല്ല വല്ലതും കിട്ടിയോ ഒന്നും കിട്ടിയില്ല ഇതിനാണോ ഈ പ്രപഞ്ചം അർജുന അഹം കൃത്സ്ന ജഗത പ്രഭവപ്രളയസ്ഥഥ ഞാൻ ഈ മുഴുവൻ ജഗത്തിൻ്റെയും ഉത്പത്തിസ്ഥാനവും ലയസ്ഥാനവുമാണ് എന്ന് പറഞ്ഞാൽ ഞാനല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല ഒന്നിലുണ്ടായി അതിൽ ലയിക്കുന്ന വസ്തു അതല്ലാതെ വേറെ ഒന്നും ആവാൻ സാധ്യമല്ല ഈ ലയമോ ഗീത തന്നെ പറയുന്നു ഇപ്പോൾ സമുദ്രത്തിൽ തിരയും കുമിളയും ഉണ്ടാവുന്നതൊരാവർത്തനമാണ് തിരയുണ്ടായി പോയി അതേ തരം തിരകൾ തന്നെ വീണ്ടും മുക്കുന്നു വീണ്ടും ലയിക്കുന്നു അതുപോലെ ഈ ജഗത്ത് മുഴുവൻ ഇപ്പോൾ ഉണ്ടായി വീണ്ടും അതേ പ്രപഞ്ചം തന്നെ ഉണ്ടാവുന്നു ഇത് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടോ കൃഷ്ണൻ ഗംഭീരമായിട്ട് ഭൂതഗ്രാമസയവായം ഭൂത്തുവാ ഭൂത്വ വിലീയത്തെ രാത്രിയാകമേ അവശപ്പാർത്ഥ പ്രഭാതം മഹാരാ പൊന്തുവരുന്നു രാത്രിയിൽ ലയിക്കുന്നു പകലാകുന്നതോടുകൂടി പൊന്തുവരുന്നു രാത്രിയും പകലും എന്ന് പറഞ്ഞാൽ നമ്മുടെ രാത്രിയും പകലും അല്ല ഭൂതഗ്രാമസയവായും സംസ്കൃതം അല്പം അറിയാവുന്നവർക്ക് ഇത് മനസ്സിലാവുകയും ഭൂതഗ്രാമസയമാണ് അതേ ഭൂതഗ്രാമം അതേ പ്രപഞ്ചഘടക ഭൂത്വാ ഭൂത്വ പ്രലയത് ഉണ്ടായിരുന്നു തിരകൾ വരും പോലെ വീണ്ടും ലയിക്കുന്നു രാത്രിയാകുന്ന അവശപ്പാർത്ഥ അല്ല ഭഗവാനെ അങ്ങനെ ഉണ്ട അവശ് ഈ ഉണ്ടാകലും ലയിക്കലുമെന്നും ആ ഭൂതഗ്രാമത്തിൻ്റെ കയ്യിലല്ല പ്രകൃതി ഭഗവാന്റെ പ്രകൃതിയെ അത് വീണ്ടും ഉണ്ടാകുന്നു വീണ്ടും ലയിക്കുന്നു സൂര്യൻ സൂര്യനുണ്ടായത് സൂര്യൻ്റെ കയ്യിലല്ല സൂര്യൻ ഒരു ദിവസം ഉണ്ടായി പുറത്തുനിന്ന് നോക്കുന്നയാൾക്ക് എന്തിനുണ്ടായി ഓരോ ശാസ്ത്രജ്ഞനും അതായി ഇതൊക്കെ വേണ്ടവണ്ണം മനസ്സിലാക്കാതെ നമ്മളെ ശാസ്ത്രജ്ഞന്മാർ ചന്ദ്രനെ പോകാം സൂര്യനെ പോലും ഒരർത്ഥവും ഇല്ല മനസ്സിലാക്കിക്കൊണ്ടുപോകട്ടെ സൂര്യൻ എന്തിനുണ്ടായി ചന്ദ്രനുണ്ടായി ആർക്ക് പറയാൻ കഴിയും ഇതേ ചന്ദ്രനും സൂര്യനും തന്നെ കോടിക്കണക്കനുണ്ടെന്നാണ് ഇപ്പോൾ മോഡേൺ സയൻസ് എന്ന് പറയും ഇപ്പോഴുണ്ടെന്നാണ് മില്യൺ സബ് സോളാർ സിസ്റ്റംസ് അയ്യോ കേട്ടിട്ട് തല ചുറ്റുന്നല്ലോ സാറേ ഇതൊക്കെ തല ചുറ്റാനല്ല ഈ പറയുന്നത് അതുകൊണ്ട് ഭഗവാൻ പറയുന്ന എന്താണ് അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും പുറമേ തലകാഞ്ഞ് അന്വേഷിച്ച് നടന്നിട്ടൊരു പ്രയോജനവുമില്ല എന്തായാലും ഇതൊക്കെ ഉണ്ടാക്കി അഴിക്കുന്ന ഒരു ഐന്ദ്രജാലി അല്ല ഇത് മായ കാണോ അല്ല ഇത് ഇതുണ്ടാക്കാൻ ബോധസ്വരൂപമായ ബ്രഹ്മം എങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു ഇതായി ഈ ആകാശത്തിനും അപ്പുറം നിറഞ്ഞു നിൽക്കുന്നു വേറൊരു വസ്തുവില്ല ഇപ്പം മൺപാത്രങ്ങൾ ഉണ്ടാക്കാൻ ഒരു പാത്രക്കാരൻ പാത്രം ഉണ്ടാക്കുന്ന ആളിൻ്റെ മുമ്പിൽ മണ്ണുണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കാൻ ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റെ മുമ്പിൽ സ്വർണ്ണമുണ്ട് അതുപോലെ ഈ ഭഗവാൻ ഇതൊക്കെ ഉണ്ടാക്കാൻ ഭഗവാൻ മാത്രമേ ഉള്ളൂ നാന്യ തിഞ്ചന നിഷത്ത് എന്നാണ് ഉപനിഷത്ത് േശം പോലും അനങ്ങുന്ന ഒന്നുമില്ലായിരുന്നു ആദ്യം ഈ ഭഗവാൻ മാത്രം ഉണ്മ ബോധസ്വരൂപനായ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സദൈവ സൗമ്യം ഇത ഭഗ്രാസിമയദ്വിതീയം ചാന്തോക്കിപനം ആ സത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ യാതൊന്നുമില്ല ആ സത്വിൻ്റെ ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽ അസംസ്കൃത സാധനം എന്താ ഒന്നുമില്ലായിരുന്നു ഭാഗവതമൊക്കെ പറയുന്നത് ഭഗവാൻ തന്നെ തന്നെ പ്രപഞ്ചമാക്കി എന്ന് വെച്ചാൽ ത തന്നെ മുറിച്ച് കീറി പ്രപഞ്ചമാക്കാനൊന്നും ഒക്കില്ല അങ്ങനെ ആക്കിയാൽ ഭഗവാൻ തന്നെ ജനിച്ച് മരിക്കുന്ന ഒരു വസ്തുവായി മാറും ആ ഭഗവാൻ പിന്നെ ഒരു വിലയ്ക്കില്ല അപ്പോൾ പിന്നെ എന്താ മായ അതാണ് മായ ഐന്ദ്രജാലികൻ ഒരു നല്ല ഐന്ദ്രജാലികൻ യോഗി ഈ ഈ പരമാത്മസാക്ഷാത്കാരത്തിൽ പാകത വന്ന ഒരു യോഗിക്കും മറ്റൊരാൾ ഒരു ലോകം ഇവിടെ കാണാൻ തൃശങ്കുവിന് വേണ്ടി ഒരു സ്വർഗ്ഗം തന്നെ വിശ്വാമിത്രൻ സൃഷ്ടിച്ചു എന്നാണ് എങ്ങനെ സ്വർഗം ത്രിശംഖു അനുഭവിക്കട്ടെ എന്നദ്ദേഹം ചിന്തിച്ചു ത്രിശങ്കും സ്വർഗം അനുഭവിച്ചു സാറേ ഇതൊക്കെ അങ്ങ് വേറെ വല്ലയിടത്തും പോയി പറഞ്ഞാൽ ചിലവാകും ഇത് ഞങ്ങളോട് ഈ മാഡേണും ഈ മാഡേൺ സയൻസിൻ്റെ കാലത്ത് ഞങ്ങളോട് ഇതൊക്കെ പറഞ്ഞാൽ ചിലവാകുമോ സോർ ശരി മാഡേൺ സയൻസ് എന്ത് കണ്ടെത്തി ഒരുപാട് സാധനങ്ങൾ നമുക്ക് കമ്പ്യൂട്ടർ ഒരു സംശയവുമില്ല ഉണ്ടാക്കിത്തന്നു അതൊക്കെ കുറേ സഹായിക്കുന്നു കുറേ അധികം ദുഃഖിപ്പിക്കുന്നു ഇന്ന് തന്നെ എന്തല്ല ഈ മോഡേൺ ഉപകരണങ്ങൾ എന്തൊക്കെയോ പല പല കുഴപ്പങ്ങളും പലർക്കും ഉണ്ടാക്കി തീർക്കുന്നു എന്നാണ് അതൊക്കെ എന്താ അതൊക്കെ അങ്ങനെ വരും അതൊന്നും ആരുടെയും കുഴപ്പമില്ല ഇതുണ്ടാക്കുന്നതും ഒക്കെ ഈ പ്രകൃതിയിൽ ഞാൻ നടക്കേണ്ട കാര്യങ്ങൾ നടക്കുകയാണ് അത് നടക്കട്ടെ പക്ഷെ കാര്യമായി നമുക്ക് വേണ്ടതെന്താ സുഖം കാര്യമായി ഈ മോഡേൺ സയൻസ് എന്ത് നമുക്ക് സുഖിക്കാൻ വക തരുന്നു സാർ അങ്ങനെയൊന്നും പറയരുത് ഒരുപാട് ഫ്ലാറ്റ്സൊക്കെ ഇപ്പം ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് പിന്നെ ഹോട്ടലുകൾ ഇതൊക്കെ നമുക്ക് സൂചിക്കാനല്ലേ പത്രമൊക്കെ വായിച്ചു നോക്കുക ഇതൊക്കെ ഇപ്പോൾ സൂചിപ്പിക്കുകയാണ് ഇന്ന് എന്താന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഇന്ന് ഏറ്റവും അങ്ങോട്ട് പരി പരിഷ്കാരത്തിൻ്റെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് കൊച്ചി ആകെ വിറച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോഴും സ്വൽപ്പനേരത്തേ ഞാൻ കേട്ടോ എന്താ ഭീഷണി ഭീഷണി എവിടെയായില്ലാത്ത എല്ലാ രാജ്യത്തും പാകിസ്ഥാൻ ബാമ്പിനെ നിരോധിക്കുന്നില്ല ഈശ്വര പാകിസ്ഥാനിൽ എല്ലാ ദിവസവും ഇന്നുകൊണ്ട് പത്തൊന്നാമത് പേർ ചാവേർ ആക്രമണം ലാഹൂറിൽ അൻപത് പേര് മരിക്കേ ഒന്നും ഇത് ഉറുമ്പ് മരിക്കുന്ന ഇമ്പോർട്ടൻസ് പോലും അതിനൊന്നുമില്ല അത് മരിക്കേ ഉള്ളൂ ഞാനീ പറയുന്നതൊന്നും ആധുനിക ശാസ്ത്രത്തെ കുറ്റപ്പെടുത്താനോ വേദാന്തത്തെ മെച്ചപ്പെടുത്താനോ ഒന്നുമല്ല കൃഷ്ണൻ തന്നെ പറയുന്നത് എട ഇതെന്നും പണ്ട് ഉള്ളത് ഇത് പണ്ടേ ഉണ്ടായിരുന്നു ഇന്നും അത് തന്നെ നടക്കുന്നത് ഭൂതഗ്രാമസയവായം ഭൂത്വാ ഭൂത്വ വിലീയതെ രാത്രിയാകമേ അവശപ്പാർത്ത പ്രഭവന്തി അഹരാഗമേ ഒരേ പ്രപഞ്ചഘടകങ്ങൾ രാത്രിയാകുമ്പോൾ അതായത് ഒരു ബ്രഹ്മാവിൻ്റെ കൽപ്പകാലം കഴിയുമ്പോൾ ഒരേ പ്രപഞ്ചഘടകങ്ങൾ ഉണ്ടായി ലയിക്കുന്നു വീണ്ടും ആ കൽപ്പം ആരംഭിക്കുമ്പോൾ ഭൂതഗ്രാമസയവ അതേ ഭൂ ഇത് ഞാനല്ല കൃഷ്ണൻ പറയുന്നതാണ് സയവ ഭൂത്വ ഭൂത്വ പ്രളയതേ അപ്പോൾ ഇതൊക്കെ കേട്ടാകെ നിങ്ങളെല്ലാം പരിഭ്രമിച്ചിരിക്കുകയാണല്ലേ അപ്പോൾ സാർ അങ്ങനെയാണെങ്കിൽ നമ്മൾ വിശേഷിച്ചൊന്നും ചെയ്യാനില്ലല്ലോ സാർ അല്ല ഇപ്പോൾ എല്ലാം ചെയ്യാനുണ്ടെന്നാണ് ഇപ്പോൾ ആരും സ്വതന്ത്രമായിട്ട് ആരും സ്വയം ഒന്നും ചെയ്യുന്നില്ല അവശപ്രകൃതയർ വശാത് ഈ ഭഗവാൻ്റെ പ്രകൃതിക്ക് വശപ്പെട്ട് എന്തൊക്കെ യോഗം ചെയ്ത് ചെയ്യാതിരിക്കാനും ഒക്കില്ല ചെയ്തയെ പറ്റൂ അവശപ്രകൃതിയിൽ വശാത് ഈ പ്രപഞ്ചഘടകങ്ങൾ പൊന്തി വരുന്നത് തന്നെ ഇന്നപ്പോഴും അത് പൊന്തി വരണമെന്നുണ്ട് ഭൂതഗ്രാമ സ്ഥവാശം ഭൂത്വാ ഭൂത്വ പ്രയത്തെ രാത്രിയാകമേ അവശ അവശ അവശമായിട്ട് അപ്പോൾ പൊന്തി വന്നേ തീരു ഓഹോ അപ്പോൾ സാർ അപ്പം ഇപ്പം ഗീതയൊക്കെ ചർച്ച ചെയ്യാനുള്ള വിജ്ഞാനം ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് അതും കൃഷ്ണൻ പറയുന്നത് നിങ്ങൾ വേറൊന്നും ചെയ്യുന്ന ഈ സത്യമറിഞ്ഞ് ഇവിടെ ഒരു ഭഗവാൻ മാത്രമേ ഉള്ളൂ മറ്റെന്ത് വേണോ ചെയ്തോളുക അതോടൊപ്പം ഈ സത്യം മനസ്സിനെ പഠിപ്പിച്ച് സ്വാംശീകരിക്കുക ഞാനും ആ സത്യം തന്നെ ബ്രഹ്മം ഈ കാണുന്നതൊക്കെ ബ്രഹ്മം അതെങ്ങനെ സർ അതല്ലേ പറഞ്ഞത് ആകെ ഒൻപത് പ്രകൃതികൾ ഒക്കെ എൻ്റെ പ്രകൃതിയാണ് എന്നിൽ നിന്നും ഇങ്ങനെ സ്വയം പൊന്തുവരുന്നു അതൊക്കെ ഞാൻ തന്നെയാണ് അഹം ക്രിസ്നസ് ജഗത പ്രഭവ പ്രളയ കഥ ഇതൊക്കെ മനസ്സിലാക്കാതെ ഗീത വായിച്ചിട്ട് എന്താ കഥ ഗീത പതിനെട്ട് അധ്യായവും എനിക്കറിയാം കാണാതെ അറിയാം എന്നൊരാൾ എന്നോട് ഒന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം എന്നിട്ടിപ്പം എന്തായി ദുഃഖം മാറുന്നേ ഇല്ല സാറ പിന്നെ നേരെ ഇതൊന്നും അനുഭവപ്പെടുത്താൻ ശ്രമിച്ചു നോക്കും ഒക്കെ ഒന്ന് ഉള്ളിൽ പുറമേ നിങ്ങളുടെ നാടകം എങ്ങനെ വേണോ അഭിനയിക്കുക ഇവിടെ ഒരു വസ്തുവേ ഉള്ളൂ രണ്ടാമതാണുപോലും ഒരു വസ്തുവുമില്ല ഇത് ഉപനിഷത്തിൻ്റെ പ്രഖ്യാപനമാണ് ഗീതയുടെ പ്രഖ്യാപനമാണ് വ്യവസായാത്മിക ബുദ്ധിരേഖ ഗീത പറയുന്നു സത്യനിശ്ചയം വന്ന ബുദ്ധി ഒന്നേ ഒന്ന് ഇതൊന്ന് അനുഭവപ്പെടുത്തുവാൻ ശ്രമമെങ്കിലും എത്ര പേർ നടത്തുന്നു ആരും നടത്തുന്നില്ല അത് ഭഗവാൻ ഇതാ പറയുന്നുണ്ട് അതെന്താ കൃഷ്ണ ഈ ഇത് അനുഭവപ്പെടുത്താൻ ശ്രമിക്കാത്തത് ഇടയാത്ര ഈ പലത് കാണിക്കുന്നത് എൻ്റെ മായയാണ് മായ ശക്തി ഈ മായ ജയിക്കാൻ വളരെ പ്രയാസം ഉള്ള ഒരു വള്ളാണ് അർജുന ദൈവി ഈ പത്തി എല്ലാവർക്കും അറിയാം പക്ഷെ ആരും അതനുസരിച്ച് ആ മായയെ ജയിക്കാൻ ശ്രമിക്കില്ല ദൈവീ ശേഷ ഗുണമയ മമ മായ ദുരത്യ ഓഹോ എൻ്റെ മായ ദുരത്യ വാസ്തവം പറഞ്ഞാൽ ഈ സൂര്യനും ചന്ദ്രനും ഒക്കെ കിടന്ന കറങ്ങുന്നെന്താ കറങ്ങിയേ പറ്റൂ മായ ഒരു നിമിഷം കറങ്ങാതിരിക്കാനും പറ്റില്ല ുരത്യ അവളെ കടക്കാൻ വളരെ പ്രയാസം വലിയ വലിയ ആളുകൾ പോലും കടന്നവരെ പേരുണ്ട് പണ്ട് ഭഗവാൻ പറയുന്നുണ്ട് മമമായ ദുരത്യ അപ്പോൾ ഇതിന് എന്താ മാർഗം കൃഷ്ണ ഒരൊറ്റ മാർഗമുണ്ട് മാമേ വയ പ്രപദ്യന്തേ മായാം ഏതാം തരന്തിത്തെ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തീരുമാനിച്ച് എന്നെ ആര് സർവഥാ ശരണം പ്രാപിക്കുമോ ഓർമ്മയെ കിടക്കുന്നു അപ്പോൾ ഇതായി ഇപ്പോൾ ഇതിന് വലിയ താമസമൊന്നും വേണ്ട പക്ഷെ പറ്റുന്നില്ല ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ബ്രഹ്മം ഉറപ്പുണ്ടോ മായ ജയിച്ച് എഴുതിയിരിക്കുന്നു ഉറപ്പുണ്ടങ്ങൾ പക്ഷേ പറ്റുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് എത്ര പേർക്ക് പറ്റുന്നുണ്ട് ഇത് ഇപ്പം ഈ ഈ ഗീത എഴുതിയിട്ട് വർഷങ്ങൾ എത്രയായി എത്രയെന്ന് വിവേകാനന്ദന് പോലും നിശ്ചയമില്ല ആരെഴുതിയെന്ന് തന്നെ നിശ്ചയമില്ല വ്യാസൻ ഭാരതത്തിലൊക്കെ കുറിച്ചിട്ടതാണെന്ന് പറയുന്നത് ഇതൊക്കെ ഈ ഭാരതം തന്നെ ആരാണ് എഴുതിയത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വ്യാസനം എന്ന ഒരു ഗ്രന്ഥകാരൻ ഉണ്ടായിരുന്നു സാർ ആർക്കറിയാവുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മഹാഭാരതം എഴുതി പതിനെട്ട് പുരാണം എഴുതി ഒരു ഭാഗവതം എഴുതി ഭാഗവതത്തിലൊക്കെ അദ്ദേഹം ഈ രണ്ട് ഇതിഹാസങ്ങളിലും അദ്ദേഹം കഥാപാത്രമാണ് ഇതൊക്കെ കൂടെ എങ്ങനെ സാധിക്കുന്നു സാർ അതൊന്നും ചോദിക്കരുത് അതൊക്കെ സാധിക്കുന്നു അതാണ് മായ മായ മമമായ ദുരത്യ മായ കൊണ്ടല്ലാതെ ബോധസ്വരൂപനായ ഭഗവാൻകൾ ഈ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളുടെ സ്ഥിതി വിവരിക്കാൻ ഒരു ശാസ്ത്രജ്ഞനും സാധ്യമല്ല എത്ര ഗംഭീരനായ അതുകൊണ്ടാണ് ഐൻസ്റ്റീൻ ഇവിടെ വന്നത് ഇതൊക്കെ പഠിച്ചിട്ട് ഈ ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ മുനിമാർ കണ്ടതിൽ കവിഞ്ഞൊരു സത്യം ഇനി ആരും കാണാൻ പോകുന്നില്ല എന്ന് വ്യക്തമായിട്ട് അദ്ദേഹം എഴുതി വച്ചിട്ട് പോയി എന്താ കാര്യം ഇത് മനസ്സിലായപ്പോൾ ഏതാണ്ടൊക്കെ മനസ്സിലായി നമുക്കും ഇത് ബ്രഹ്മമേ ഉള്ളൂ എന്ന് തീരുമാനിക്കുക എന്താ ഇനി വല്ല രഹസ്യവും അറിയാനുണ്ടോ ഞാൻ ശ്രമിച്ചു നോക്കേ എനിക്കിപ്പോൾ ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്നേതാണ്ട് പിടിയുണ്ട് ഇനി വല്ല സംശയമുണ്ടോ എന്താ സംശയിക്കാൻ ആകെ ഒരേ ബ്രഹ്മം ഇതിൽ സംശയിക്കാനെന്തോന്നാണ് അല്ല ഈ പലത് കാണുന്നതും അവസ്ഥ ഒരു വസ്തുവേ ഉള്ളൂ പലതുണ്ടായിട്ട് എന്ന് തോന്നുന്നത് മായ ഒരു ഐന്ദ്രജാലി ഇനിയുള്ളതെന്ന് ഒരാളെ വെട്ടിമുറിച്ച് മേശപ്പുറത്ത് ഇടുകയാണ് കോഴിക്കോട്ടോട്ടോ ഇടയ്ക്ക് ഒരു അഞ്ചാരി എണ്ണും സദസ്സിൽ നിന്നും ഒരാളെ വിളിച്ച് മേശപ്പുറത്ത് കിടത്തി ഒരു നാലഞ്ചായിട്ട് കഷണിച്ചു ആളുകളൊക്കെ തന്നെ അമ്പരം തന്നെ കുറേ കഴിഞ്ഞ് ഒരു തിരശീലം കൈടത്ത് മാറ്റിയപ്പോൾ ആളഴിച്ച് പഴയ പൊടി സദസ്സിലേക്ക് പോകുകയും മുറിച്ചോ മുറിച്ചെന്നുള്ളത് വ്യക്തമായിട്ട് കണ്ടതാണ് വാസ്തവത്തിൽ മുറിച്ചോ മുറിച്ചില്ല വേറൊരു സംഭവം ഉണ്ടായേ നാക്ക് മുറിച്ചു ആ കഷണം സദസ്യ ഇരുന്ന സദസ്യരുടെയൊക്കെ കയ്യിൽ കൊണ്ട് കൊടുത്തു നാക്ക് മുറിച്ചു ഇതിൽ വല്ല കള്ളത്തരവും ഉണ്ടോ അവരെല്ലാം നോക്കി ഒരു കള്ളത്തരവുമില്ല അത് നാക്ക് ഒടുവിൽ പച്ച പിടിപ്പിച്ച് എല്ലാം തിരിച്ചയച്ചു അവിടെ നാക്ക് മുറിച്ചോ മുറിച്ചില്ല പച്ച പിടിപ്പിച്ചോ പിടിപ്പിച്ചില്ല പക്ഷേ ഇതൊക്കെ കണ്ടിരുന്നവർക്ക് തോന്നി അതെങ്ങനെയാണ് തോന്നുന്നത് അതാണ് മായ അങ്ങനെ മായ അനിർവചനീയ എന്നാ മായയെ നിർവചിക്കാനേ സാധ്യമല്ല അതിന് ഇവിടെത്തന്നെ ഒന്നിനെ നിർവചിക്കാൻ ഒരു ശാസ്ത്രജ്ഞനും സാധ്യമല്ല ഒരു ശക്തി സ്പന്ദിക്കുന്നു എങ്ങനെ സ്പന്ദിക്കുന്നു അല്ല സ്പന്ദിക്കുന്നു അത് ഞങ്ങൾക്ക് മനസ്സിലായി ഇതെങ്ങനെ എന്തിനു സ്പന്ദിക്കുന്നു ഏത് ശാസ്ത്രജ്ഞനെങ്കിലും ഉത്തരം പറയാമോ സാധ്യമല്ല അതാണ് മായ മായയെ അംഗീകരിക്കാതെ ഇതിനൊന്നും ഉത്തരം പറയാനേ സാധ്യമല്ല എന്തു ചോദിച്ചാലും അപ്പോലത് കാണുന്നു കാണുന്നില്ല പിന്നെ കാണുന്നതോ മായ മമംമായ ദുരത്തിയ ഒന്നേ ഉള്ളൂ എന്ന് തീരുമാനിക്കുക പിന്നെ അത് മായ വാസിഷ്ഠവും മറ്റും വായിച്ചു നോക്കുക ഈ തീരുമാനം ഉറപ്പുണ്ടോ മായ നിങ്ങളുടെ കൺമുമ്പിൽ നിന്നും നോക്കി നിൽക്കുകയെ ഓടി ഒളിക്കും അതുവരെ മായ ഓടില്ല അല്പമെങ്കിലും രണ്ടെന്ന ചിന്ത മനസ്സിനുണ്ടോ മായ ഓടില്ല അതിലാഗദ്വേഷങ്ങൾ ഉണ്ടാക്കി മനുഷ്യനെ ഭ്രമിപ്പിച്ചുകൊണ്ടേയിരിക്കും ഇത് മനസ്സിൻ്റെ ഉറപ്പാണേ പുറമേ നിങ്ങൾ ഒരു നാടകത്തിൽ എന്ന പോലെ അഭിനയിക്കുക നാടകത്തിലൊന്നുമില്ലല്ലോ കഥയോ കഥാപാത്രമോ ഒന്നുമില്ല ഗംഭീരം അഭിനയവരുടെ അതുപോലെ ഈ ജീവിതം അഭിനയിച്ചോളുക രണ്ടില്ലിയുടെ അത് തീർച്ചയാണോ സാർ ഇല്ല എൻ്റെ കാര്യം പോട്ടെ ഈ വ്യാസൻ മുതൽ ശ്രീനാരായണ ഗുരുദേവൻ വരെ ഉള്ളവർ ഉച്ച സ്ഥലം പ്രഖ്യാപിക്കുന്നു വിവേകാനന്ദൻ വരെ വിവേകാനന്ദ സ്വാമി അദ്ദേഹത്തിൻ്റെ ആറേഴ് വാല്യം ഉണ്ട് അല്ല ആറാമത്തെ ബാല്യം മുപ്പത്തി രണ്ടാമത്തെ സംഭാഷണം എടുത്ത് നോക്കുക ശിഷ്യനും ഗുരുവുമായിട്ടുള്ള സംഭാഷണമാണ് അദ്ദേഹം ഒടുവിൽ ആദ്യം പ്രപഞ്ചമുണ്ട് നമുക്കതിനൊക്കെ നന്നാക്കണം ഒരു പട്ടിയെങ്കിലും പട്ടിണി തോറും നമുക്ക് ഞാൻ വരും അതിന എന്ന് പറഞ്ഞ ആൾ ഒടുവിൽ ഈ ആറാം വള്ളയത്തിൽ പറയുന്നു കുഞ്ഞു ശിഷ്യനെ വിളിച്ച് പറയുകയാണോ ആദ്യം ഞാനില്ല എന്നാണ് പറയുന്നല്ല ലോകമില്ല എന്നല്ല ഞാനില്ല എല്ലാവരും ശ്രീശങ്കരന്മോ പറഞ്ഞ ഇങ്ങോട്ടെല്ലാവരും ഞാനില്ല നീ ഇല്ല ജഗത്തില്ല പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ അതാണ് അഖണ്ഡ ബോധസ്വരൂപമായ ബ്രഹ്മം ഞാനിത് വ്യക്തമായി അനുഭവിക്കുന്നു എന്നദ്ദേഹം പറഞ്ഞു നീയുമനുഭവിക്കത് പറ്റുമെങ്കിൽ തെരുവിലിറങ്ങി വിളിച്ച് വിളിച്ചു പറഞ്ഞ് നടക്കത് കേൾക്കുന്നവർ കേൾക്കട്ട അല്ലാത്തവർ കേൾക്കണ്ട അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ് നമ്മളിവിടെ അതായത് യഥാർത്ഥ സത്യം അനുഭവിക്കാനുള്ള ശ്രമം പോലും ഇല്ലെങ്കിൽ ആയിരം ജന്മങ്ങളിൽ ഗീത വായിച്ചത് കൊണ്ട് എന്താ പ്രയോജനം മറ്റേ പ്രയോജനമൊന്നും ഉണ്ടാവില്ല വീണ്ടും ജനിക്കണം മരിക്കണം ജനിക്കണം മരിക്കണം ആ ഭ്രമം ജനനം നരണം ഭ്രമം അപ്പോൾ ഇവിടെ ഇതൊന്നും ഇല്ല എന്ന് കുഞ്ഞാൻ ഞാനില്ല ഞാൻ മാത്രം ഇത് വിവേകാനന്ദ ഞാൻ വിവേകാനന്ദ സ്വാമിയെ എടുത്തു പറയുന്നത് മറ്റുള്ളവർ വ്യാസനൊക്കെ പണ്ടുള്ളവരല്ലേ വിവേകാനന്ദ തന്നെ ഈ അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന ഏതാണ്ടൊരു ഗംഭീര വിപ്ലവകാരി പോലല്ലേ അത് ഞാൻ ആ വാളിയും എടുത്ത് വായിച്ച് നോക്കുക അണ്ടല്ല വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിനെന്ത് വേണം അതുകൊണ്ട് ഇവിടുന്ന് ഓടി കുളിക്കണമെന്നൊന്നുമല്ല കരയണമെന്നല്ല അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ ഗീതാ ക്ലാസ്സുകളൊക്കെ കൂടെ കേട്ടിട്ട് കണ്ണുനീരെ വിളിപ്പിച്ചുകൊണ്ട് വീട്ടിൽ ചെന്ന് എന്താ കരയുന്നത് അയ്യോ ഇതൊന്നും ഇല്ലെന്നാണ് പറയുന്നത് ഇതൊന്നും ഇല്ലെന്നാണ് പറയുന്നത് അങ്ങനെ കണ്ണ് കരയാനും കണ്ണുനീര കുറേ നല്ല ധൈര്യമാണ് ചെയ്യാനുള്ള കൃത്യങ്ങളെല്ലാം നാടകത്തിൽ ചെയ്യുമ്പോൾ ഒന്നും ഭയപ്പെടാനില്ല ഒന്നും ആരും മരിക്കട്ടെ ഞങ്ങളെവിടെയൊക്കെ ഇത്ര പേരാണ് ഈ രണ്ട് മൂന്ന് ദിവസത്തിനകം മരിച്ചിരിക്കുന്നത് അതോ മിക്കവാറും ഇപ്പോൾ ക്യാൻസറും ഉണ്ടോ മരണം പണ്ടൊക്കെ ഈ ജലദോഷം വരുള്ളോ അതുപോലെ ക്യാൻസറും ഉണ്ട് മരണം അദ്ദേഹം എങ്ങനെയാണ് മരിച്ചത് അത് ക്യാൻസറും എന്നാണ് സർ അതെന്താ പണ്ടൊന്നും ഈ ക്യാൻസർ ഇത്ര ഉള്ള പ്രചാരത്തിലില്ലായിരുന്നുള്ള ഇപ്പോഴങ്ങനെയല്ല ഇപ്പം ക്യാൻസറാണ് മിക്കവാറും ആളുകൾക്ക് വലിയ ആളുകൾക്കും ചെറിയ ആളുകൾക്കും ഒക്കെ അതെന്താ സാർ അങ്ങനെ അത് എന്താണെന്ന് ചോദിച്ചാൽ മായാന്നല്ലാതെ പറയേണ്ട എന്ന് പറയാനാണ് മരിക്കുന്നു എന്ത് ചെയ്യാൻ അപ്പോൾ ഉണ്ടെന്ന് വിചാരിച്ചു കൊണ്ടിരുന്നിട്ട് എന്താ കഥ എന്ന് വിചാരിച്ചൊട്ടും കൊണ്ടിരം വേണ്ട ഇല്ല ഇല്ലാത്തതു തന്നെ ഇല്ല ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മരിക്കാൻ കിടക്കുമ്പോഴും നിലവിളിച്ച് മരിക്കേണ്ടി വരും ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് വച്ച വീടുണ്ട് വാങ്ങിച്ച കാറുണ്ട് വീട് കെട്ടിയ വീടുകളുണ്ട് നമ്മളിത് പോകാൻ പോകുന്നു എന്താ ഇതൊക്കെ പിടിച്ചിട്ട് പോകുന്നത് കുറച്ച് ദിവസം കൂടെ താമ കഴിഞ്ഞിട്ട് പോയാൽ പോരെ അത് പറ്റുന്നില്ലല്ലോ സാർ കയറ്റാൻ നോക്കും അപ്പോൾ ഇതൊക്കെ പറയുന്ന നിരജൈര്യമായിട്ട് ഈ അദ്വൈത സത്യം ജീവിതത്തിൽ ഉറപ്പിക്കുക ഉപനിഷത്ത് പറയുന്ന സത്യം എന്താണ് ബ്രഹ്മപുരത മുമ്പിൽ ബ്രഹ്മം ബ്രഹ്മപശ്ചാത് പുറകിൽ ബ്രഹ്മം ബ്രഹ്മദക്ഷിണത വലത്തു ബ്രഹ്മം ഉത്തരത എടത്തു ബ്രഹ്മം ബ്രഹ്മ ഊർത്വം മുകളിലെ ബ്രഹ്മം ബ്രഹ്മത്വവും ഇനി എവിടെയാണ് ആ ബ്രഹ്മം വേണ്ടത് ഇതൊക്കെ പറയുക കുറച്ച് നേരം പോക്കോ കഥകളോ ഒക്കെ കൂടെ കിട്ടിയാൽ അവരെ രസമുണ്ടായിരുന്നു ഈ ഗീത പിടിപ്പിക്കുന്നിടത്തെ ഒരു വിരോധവും ഇല്ല പക്ഷേ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ എന്നിട്ട് ഇത് സ്വാംശീകരിക്കാൻ ഇത് ജീവിതത്തിൽ നടപ്പാക്കാൻ നമ്മൾ പറയും പോലെ അടുക്കളയിൽ കയറിയാൽ എന്താ അവിടെ ബ്രഹ്മ ബ്രഹ്മം എന്നുള്ളിൽ വിചാരിച്ചുകൊണ്ട് അടുക്കളയിലായാലും യുദ്ധക്കളത്തിലായാലും ഭഗവാൻ ഗീതയിൽ പറയുന്നത് അർജുന യുദ്ധക്കളത്തിൽ സർവേഷു കാലേഷു മാനുസ്മര യുദ്ധ അവിടെ മാമെന്ന് പറയുന്നത് ഈ കൃഷ്ണൻ ബലഭത് അദ്ദേഹത്തിൻ്റെ മകനായ കൃഷ്ണനല്ല സർവത്ര നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മം അത് കണ്ടുകൊണ്ട് യുദ്ധം ചെയ്തു എന്നെ ഓർമ്മിച്ചുകൊണ്ട് യുദ്ധം ചെയ്യൂ അപ്പോൾ ഞാനിത്രയും പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഒന്നും പേടിക്കാനല്ല ഇത് കുറേശെങ്കിലും നടപ്പാക്കാനൊരു യത്നം തുടങ്ങുക കൃഷ്ണൻ പറയുന്നു ഞാനാണിതിൻ്റെ എല്ലാം നമാം ദുഷ്കൃതിനോ മൂഢാഹ എനി വിജ്ഞാനമാണ് ഇത് നടപ്പാക്കണം എന്ത് ചെയ്യാം അർജുന എൻ്റെ മായ ദുരദ്ധയാണ് മാമേവയെ പ്രപത്തിയന്തയെ പ്രപത്തി എന്ന് പറഞ്ഞാൽ സർവാത്മന എന്നെ ശരണം പ്രാപിക്കുക ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തീരുമാനിച്ചുകൊണ്ട് അണുപോലും രണ്ടാമതൊന്നുമില്ല എന്നുറപ്പിച്ചുകൊണ്ട് എന്നെ ശരണം പ്രാപിക്കുക മാമേവയെ പ്രപദ്യന്തെ മായാം ഏതാം ജയന്തിത്തെ അവരെയും മായെ ജയിക്കുന്നു അർജുനൻ അല്ല മഹാബലിയുടെ ചരിത്രം വായിച്ചു നോക്കുക മഹാബലിയുടെ ചരിത്രമുണ്ടല്ലോ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി അസുരനാണ് അങ്ങനെയൊന്നുമല്ല എല്ലാം ഭഗവാൻ ഭഗവാൻ വിട്ടുകൊടുത്തിരിക്കുന്നു ഒടുവിൽ ഭഗവാൻ വന്നു മൂന്നടി മണ്ണ് ചോദിച്ചു അളന്നെടുത്തോളാൻ പറഞ്ഞു രണ്ടടി മണ്ണ് കൊണ്ട് ലോകം മുഴുവൻ തീർന്നു അപ്പോൾ ഭഗവാൻ ഒരുപാട് സഹാരിച്ചു മഹാബലിയ അതീ മൂന്നടി മണ്ണ തലമാകുമെന്നല്ലേ പറഞ്ഞത് എന്നിട്ടിപ്പം എന്താ മൂന്നാമത്തെ അടി ഇല്ല എന്നെ കള്ളനെന്നൊന്നും വിളിക്കണ്ട എൻ്റെ തലയിൽ വെച്ചോളൂ മൂന്നാമത്തെ അടി മൂന്നാമത്തെ തലയിൽ വെച്ചു അപ്പോഴും മഹാബലി ചിരിക്കുകയാണ് ഭഗവാൻ പോലും വാമനൻ അത്ഭുതപ്പെട്ടു പോയി നാം ചുറ്റും ദേവന്മാരിത് കാണാൻ നിൽപ്പുണ്ട് അവരോട് പറഞ്ഞു ഏഷ ദൈത്യാനി കീർത്തിവർദ്ധന അജയ് ഷീ അജയാം മായാം സീതമുഖ്യത്തി അല്ലയോ ദേവന്മാരെ ഈ അസുരചക്രവർത്തി മായയജയിച്ചിരിക്കുന്നു എന്താ കാര്യം എല്ലാം പോകുമ്പോഴും ചിരിക്കുന്നു തൻ്റെ സർവ് തൻ്റെ ശരീരം ഉൾപ്പെടെ സകലതും പോകുന്നു അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണോ ഒന്ന് രണ്ടുപേരെന്നോ സാറേ അത് ഈ എല്ലാം പോവുക എന്നൊരവസ്ഥ ആ മഹാബലിക്ക് തോന്നും നമുക്കും ഇപ്പോൾ എല്ലാം പോകുന്ന ഒരു നിമിഷം നമുക്ക് വരും ആ വാമനൻ മൃത്യു ആ വാമനൻ ഇങ്ങനെ പതുക്കെ പതുക്കെ തലയ്ക്ക് തന്നെ ചവിട്ടുന്നു ചിരിക്കാൻ പറ്റുമോ വാമനൻ മഹാബലി ചിരിച്ചതുപോലെ ജയിച്ചിരിക്കുന്നു മായ ആ വാമനണ്ണെന്ന് ചവിട്ടി നിൽക്കുകയാണ് ഇവിടെ പലരും അല്ല ആ എന്താ ആ വെൻറ്റിലേറ്ററിൽ കിടക്കുമ്പോൾ ഏകദേശം ഞാൻ ഒരുപാട് വരെ കാണുന്നുണ്ട് വലിയ വലിയ ആളെല്ലാം ഞാൻ സർവത്ര ട്യൂബും വെച്ച് കിടക്കുകയാണ് ഒന്ന് ചിരിക്കാമോ മായയെ ജയിച്ചിരിക്കുന്നു മായയെ ജയിച്ചു എന്നുള്ളതിൻ്റെ പ്രധാന തെളിവുകൾ ആ മരണം എത്തി നിൽക്കുന്നു ചിരിച്ചു ചുറ്റുപാടിൽ നിൽക്കുന്നവരെയൊക്കെ വിളിച്ചു വരും ഒന്നും പേടിക്കണ്ട ഇവിടെ മരണം മരണവുമില്ല പുറപ്പുമില്ല വാഴവും ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശതത്തിൽ പറയുന്ന ശ്ലോകമാണ് മരണവുമില്ല പുറപ്പുമില്ല വാഴവും നരസുരരാതി ഇല്ല ൊന്നു സംശയങ്ങനെ അങ്ങനെയില്ല നരസുരരാതില്ല നാമരൂപം പിന്നെ ഈ കാണുന്നത് മരുവിൽ അമർന്ന മരീച്ചഞ്ഞീരു പോലെ നെൽപ്പൊരു പൊരുള മരുഭൂമിയിൽ കാനൽ ജലം കാണുന്നു ഇല്ലാത്തതുണ്ടെന്ന് തോന്നുന്നു അതാണ് മായ അതാണ് ബ്രഹ്മത്തിൻ്റെ മായ ഒന്നുമില്ല പേടിക്കാനില്ല ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ ബ്രഹ്മമേ ഉള്ളൂ എന്നുറപ്പിക്കുക ഇല്ല ഒരു ഒന്നുമില്ല എല്ലാം ബ്രഹ്മമയം ഇതാണ് വിജ്ഞാനം എന്ന ഭാഗത്ത് ഭഗവാൻ ഏഴാം അധ്യായത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഭഗവാൻ തന്നെ പറയുന്നു എന്ത് ചെയ്യാം അർജുന നമു ദുഷ്കൃതിനോ മൂഢാഹ പ്രപദ്യന്തേ എന്നരാധമാഹ ദുഷ്കൃതികളായ മൂഢന്മാരും എന്ന ശരണം പ്രാപിക്കാൻ മടിക്കുന്നു മൂഢാ പിതായി പറയുന്നതാണ് അവരെ ഭഗവാനെ വിളിക്കാവുന്ന ഏറ്റവും വലിയ സകാരമാണ് മൂഢ നമം ദുഷ്കൃതിനോ മൂഢപ്രപത്യന്ത നരാധ അതെന്താ ഭഗവാനെ മായയാ അപഹൃതജ്ഞാനാ മായയാ മായ എന്താ മായ ചുരുക്കി പറയാം രണ്ടുണ്ടെന്ന് തോന്നുന്നതാണ് മായ രണ്ടുണ്ടെന്ന് തോന്നിയോ മായ ദുഃഖം ഇത് നമ്മുടെ നമ്മുടെ തുഞ്ചത്താചാര്യന് വരെ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ ഭഗവാനെ ഒന്നായ നിന്നെയ്യ രണ്ടെന്ന് കണ്ടളവിലുണ്ടായൊരു ഇണ്ടൽ മിണ്ടാവല്ല അപ്പോൾ ദുഃഖത്തെക്കുറിച്ച് പറയാനില്ല ഭഗവാനെ പണ്ടേ കണക്ക് വരണം എന്താ ഒന്നേ ഉള്ളൂന്ന് എനിക്ക് ഉറപ്പ് വരുത്തി പണ്ടേ കണക്ക് വരുവാൻ നിൻ കൃപാവലികളുണ്ടാകുക എങ്ങലിക നാരായണമായത് നമ്മൾ അപ്പോൾ കൃഷ്ണനുവിളേ അല്പം ദേഷ്യം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇത്രയൊക്കെ പത്ത് പതിനെട്ട് അധ്യായങ്ങൾ പണ്ട് പണ്ട് ഇവിടെ പറഞ്ഞു വച്ചിട്ട് അല്ലെങ്കിൽ കുറഞ്ഞുന ദുഷ്കൃതിനോ മൂഢാഹ ദുഷ്കൃതികളായ മൂഢന്മാർ മായയാ അപഹൃതജ്ഞാനാ രണ്ടുണ്ടെന്ന് തോന്നൽ കൊണ്ട് ജ്ഞാനം അപഹരിക്കപ്പെട്ടു ഒന്നേ ഉള്ളൂ എന്നുള്ളതാണ് ജ്ഞാനം വേറെ ഇവിടെ ഒരു ജ്ഞാനവുമില്ല ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ മായയ അപഹൃതജ്ഞാനാ ആസുരംഭാവം ആശുത ഈ ലോകം മുഴുവൻ പിന്നെ ആസുരം ഭാവം അന്യനെ ചതിച്ചും പണമുണ്ടാക്കിയും മറ്റ് പല തരത്തിലും എങ്ങനെയെങ്കിലും മരിക്കണം പെടഞ്ഞ് ഇതാണ് ആസുരം ഭഗവാൻ ശ്രീത്താഹ അങ്ങനെയാണോ ഭഗവാനെ അതെ അപ്പോൾ എല്ലാം ഒന്നൊന്ന് കാണണം അറിഞ്ഞുനാം ബുഹുവിനാം ജന്മനാ അന്തേ ഈ പദ്യവും എല്ലാവർക്കും അറിയാവല്ലോ ബഹുവിനം ജന്മനാമ ജ്ഞാനവാൻ മധ്യത്തെ ജന്മങ്ങൾ കഴിഞ്ഞ് അല്ല ജന്മയില്ലെന്നല്ലേ പറഞ്ഞ് അവർക്കെന്ന കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ഭ്രമം ഈ ഭ്രമം ഇങ്ങനെ പോവുക അനേകം എന്തവണ ഭ്രമിച്ചൊടുവിൽ ബഹു ഇതൊക്കെ സംസ്കൃതമാണെങ്കിലും മനസ്സിലാകുമല്ലോ ബഹുനാം ജന്മനാമന്തേ ജ്ഞാനവാൻ അസ്പഷ്ടം അവന് ജ്ഞാനമുണ്ടാവും എന്താ ജ്ഞാനം പേടിക്കാനില്ല ഒന്നേ ഉള്ളൂ ഉറപ്പുണ്ടോ ജ്ഞാനി ഇവിടെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ രണ്ടില്ല എന്ന് ഉറപ്പുണ്ടോ ജ്ഞാനവാൻ മാം പ്രപദ്യത്തെ സർവാത്മന എന്ന ശരണം പ്രാപിക്കുന്നു എങ്ങോട്ട് നോക്കിയാലും ഭഗവാൻ വേറെ ആരുമില്ല അല്ല ഇതൊക്കെ കസേര കസേരേ ഭഗവാൻ കസേരയുടെ രൂപത്തിൽ ബോധമല്ലാതെ കസേരയാകാനും എന്താകാനും ഇവിടെ വസ്തു വേറെയില്ല ഒരേ വസ്തു പല പല രൂപങ്ങളിൽ നല്ലതും ചീത്തയും സുന്ദരം എന്ന് തീരുമാനിക്കൂ അതുപോലെ ഇവിടെ ഒരൊറ്റ വസ്തുവേ ഉള്ളൂ ബ്രഹ്മം ബഹുനാം ജന്മനാമന്തേ ജാനവാന്മം പ്രപദ്ധ്യത്തെ വാസുദേവ എങ്ങനെ പ്രപദ്ധ്യത്തെ വാസുദേവ സർവമിച്ച് എന്താ സംശയം നല്ലതുണ്ടോ വാസുദേവനാണ് ഈ കാണുന്നതൊക്കെ വാസുദേവൻ എന്നു വെച്ചാൽ ബ്രഹ്മം അല്ലാതെ വാസുദേവനല്ല വാസുദേവ സർവമിപ്പിജി സമഹാത്മാർലഭ അത് ഭഗവാൻ തന്നെ തോന്നി പതിനെട്ടധ്യായം ഗീത എത്രയോ കാലമായി പറഞ്ഞുവെച്ചിട്ട് നമ്മുടെ അറിവിൽ തന്നെ ഇത്തരം സുദുർലഭന്മാർ എത്ര പേരും നമുക്കറിയാം മൂന്നാലും നാലഞ്ച് പേരെയൊക്കെ നമുക്കറിയാമേ ശ്രീരാമകൃഷ്ണദേവൻ വിവേകാനന്ദ സ്വാമികൾ ശ്രീനാരായണ ഗുരുദേവൻ ചട്ടമ്പിസ്വാമി തിരുവോണികൾ തപോവനസ്വാമികൾ ഇങ്ങനെ കുറേ പേരുടെ പേർക്ക് അവരൊക്കെ വ്യക്തമായിട്ടും ഇത് അറിഞ്ഞിരുന്നയാളാണ് ശ്രീനാരായണ ഗുരുദേവൻ ആവർത്തിച്ച് പറയുന്ന എന്താ അറിവിനെ വിട്ട് ഒരു വസ്തു അന്യമില്ലെന്നറിയണം മലയാളം സംശയമുണ്ടോ അറിവിനെ വിട്ട് ഒരു വസ്തു അന്യമില്ലെന്നറിയണം ആത്മോദിച്ചതും അങ്ങനെ അവരൊക്കെ ഇത് നല്ല ഉറപ്പിച്ചവരാണ് ചമ്പി സ്വാമി തെരുവികളും ഗുരുദേവനും ഗുരുദേവൻ്റെയൊക്കെ കൃതികൾ വായിച്ചു നോക്കിയാൽ എല്ലാ വേദാന്ത കൃതികളും ഇത് തന്നെ ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് ഗുരുദേവന് മറ്റേത് തരത്തിൽ ഈശ്വരനായി വാഴ്ത്തുന്നതിലും വിരോധമില്ല പക്ഷേ ഈ സത്യം കൂടെ നാം അറിയുന്നില്ലെങ്കിൽ നമുക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല കൃഷ്ണനെ വാഴ്ത്തിയാലും ശരി ആരെ വാഴ്ത്തിയാലും ശരി ബഹുനാം ജന്മനാമന്ദേ ജ്ഞാനവാൻമാം പ്രപദ്ധ്യത്തെ വാസുദേവ സർവമിതി സമഹാത്മാസു ദുർലഭ അപ്പോൾ ഒരു ചോദ്യം വരുന്നു ഇവിടെ ചെറിയ ചെറിയ ദേവന്മാരെയൊക്കെ ഫലിക്കുന്നതോ രാമനെ ഫലിക്കുന്നു ശിവനെ ഫലിക്കുന്നു അല്ലേ അതൊക്കെ ഫലിക്കുന്നു പക്ഷേ ഈ കൊച്ചു കൊച്ചു ദേവന്മാരെയൊക്കെ എന്തിനു വേണ്ടിയാണ് ഭജിക്കുന്നത് ചില ഭൗതിക കാമങ്ങൾ നേടിക്കിട്ടണം മോക്ഷത്തിന് വേണ്ടി ആരെങ്കിലും കൊച്ചു കൊച്ചു ദേവന്മാരെ ഭജിക്കാറുണ്ടോ കാമൈ ഗീത പറയുന്നതാ ഞാൻ പറയുന്നതല്ലേ കാമൈ സ്തൈ സ്ഥൈ ഹൃതജ്ഞാനാ പ്രപദ്യന്തൈ അന്യദേവതാഹ ചില ചില്ലറ ഭൗതികാഗ്രഹം കുറിച്ച് പണം കിട്ടണം അത് ഭാഗ്യിച്ചിട്ട് തം തം നിയമമാസ്ഥ നിയതാസ്വയ അല്ല അത് അവരവരുടെ എന്താ ദേവിയെ ദേവിയെ അങ്ങനെ ഭജിക്കുന്നതിനാ ഞാൻ കുറ്റം പറയുകയല്ല ദേവിയെ ആ ആടുവെട്ടി ഭജിക്കണം അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് ദോഷമില്ല അവർ ആഗ്രഹിക്കുന്ന ഫലവും ഞാൻ തന്നെ കൊടുക്കും അവരെന്നെയാണ് ഭജിക്കുന്നത് എന്നവർക്ക് മോക്ഷമാതും അവർ ചോദിക്കുന്നില്ല അവർക്ക് ആഗ്രഹമുള്ള കാര്യവും ഞാൻ കൊടുക്കും കൃഷ്ണൻ തൈസ്തൈ ഹൃതജ്ഞാന പ്രപദ്ധ്യ അന്യദേ പ്രകൃത്യ നിയതാസയ അവരുടെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കുവാർജുന പക്ഷെ അവർക്ക് അവർക്കെന്ത് സംഭവിക്കുന്നു അവരെല്ലാം അല്പബുദ്ധികളാണ് പൂർണ്ണമായ സത്യം അവരംഗീകരിക്കുന്നതല്ല അതുകൊണ്ട് തത്വബോധമുണ്ടാകുന്നില്ല അവർ താഴോട്ട് പോരാനിട വരുന്നു ഇന്നത്തെ ജീവിതത്തെയും കവിഞ്ഞ കുറച്ച് പണമോ എല്ലോ ഒക്കെ അത് ദേവന്മാർ കൊടുത്ത് ദേവന്മാരെന്ന് വെച്ചാൽ കൃഷ്ണൻ തന്നെ ദേവതാരൂപത്തിൽ കൊടുത്തു നിന്ന് വരും കൃഷ്ണനല്ലാതെ ഏത് ദേവതാരൂപം കൈക്കൊള്ളാനും ഇവിടെ വേറെ ആരുമില്ല ആരുമില്ല ആ കൃഷ്ണൻ ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുക്കും അത് വച്ചാൽ നതുമാം അഭിജാനന്തി തത്വേന അഥ ശ്യവന്തി എന്നെ താത്വികമായി അവരറിയുന്നില്ല അതുകൊണ്ട് താഴോട്ട് പോരുന്നു എങ്ങനെ താത്വികമായി എല്ലാം ഞാനാണെന്ന് ഉള്ളൂ താത്വികമായി അറിയുന്നില്ലെന്ന് വെച്ചാൽ എല്ലാം ഞാനാണെന്ന് അറിയുന്നില്ല അതുകൊണ്ട് ചെവന്തി ഒക്കെ സ്പഷ്ടമായ താഴോട്ട് താഴോട്ട് പോരുന്നു അർജുന ഇതാണ് അപ്പോൾ വിജ്ഞാനം എന്താ വിജ്ഞാനം അല്പമായിട്ടെങ്കിലും ഈ സത്യം പൂർണ്ണരൂപത്തിൽ അനുഭവിക്കാൻ ശ്രമിക്കുക അതിന് വേറൊന്നും വേണ്ട ഓർമ്മ എല്ലാ പ്രവർത്തികൾ ചെയ്യുമ്പോഴും ഭഗവാനാണ് കാണുന്നതെല്ലാം ഞാൻ ചെയ്യുന്ന യജ് നമ്മളൊക്കെ പറയാറുണ്ട് പ്രാർത്ഥനയുടെ വൈദ്യത് കർമ്മകരോമേ തത്തത് അഖിലം സംഭോധ ആരാധനം വളരെ നല്ലത് അത് ഉറപ്പിക്കണം ഞാൻ എന്ത് കർമ്മം ചെയ്താലും ഭഗവത് പൂജ അഴുക്കളയിൽ പാചകം ചെയ്യുന്നത് ഭഗവത് പൂജ ഉറപ്പിക്കാമോ ഉറപ്പിച്ചുറപ്പിച്ച് ആരോടും പറയേണ്ട ഇഷ്ടമില്ലെങ്കിൽ സാറേ അതൊക്കെ ഞാനല്ലോ കൃഷ്ണൻ തന്നെ പറയുന്നല്ലോ സാറേ പ്രയാസമാണ് പ്രയാസമാണ് അതുകൊണ്ട് പ്രയാസമായതുകൊണ്ട് തള്ളിക്കളയാവുന്ന ശ്രമിച്ചു നോക്ക ശ്രമിച്ച് നോക്കണം അപ്പോൾ വിജ്ഞാനം ഈ വസ്തുത സർവ്വമെല്ലാം ഭഗവാനാണ് എന്ന വസ്തുത മത്ത പരതരം അസ്ഥി ധനഞ്ജ്ഞാന ഭാഗത്തുള്ളതാണ് എന്നിൽ നിന്നും അതൊന്നുമില്ല അർജുന ഈ എന്നിൽ നിന്ന് വേറിട്ടായി ഒന്നുമില്ല ധനഞ്ജയാ അതാണ് എൻ്റെ മലയാളം ഇപ്പം വിജ്ഞാനം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ എല്ലായിടത്തും കാര്യമേ അത് നടപ്പാക്കാൻ ശ്രമിക്കുക വലിയ പ്രയാസമൊന്നും വരില്ല അതിനിടയ്ക്ക് അല്പം കഥകൾ ഒന്നേരം പോക്കോ ഒക്കെ ആകാം ഒരു വിരോധവും ഇല്ല അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം തീരുമാനിച്ചിരിക്കുക ഇനി കഥകളിയുടെ ഒന്ന് ഏർപ്പാടുക എന്നത് എന്ത് പ്രയോജനം ഒന്ന് ചിരിച്ചു വീട്ടിൽ പോയി വഴക്കും പിന്നെയും ഭർത്താവും ഭാര്യയും മക്കളും ഒക്കെ കൂടി അല്പം പണത്തിനോ വഴക്കും കൊല്ലും കൊലയും എന്ന് പത്രം എടുത്ത് നോക്കിയാലും കേസും ഈ ഏർപ്പാടിൽ കുറച്ച് കഥകളും നേരം മുഖം പറഞ്ഞ് കഴിഞ്ഞുകൂടാൻ ആരും കേട്ടില്ലെങ്കിൽ വിവേകാനന്ദ സ്വാമി പറയുമ്പോൾ എടോ പറഞ്ഞ് നടക്കി കേൾക്കാത്തവർ കേൾക്കണ്ട കേൾക്കുന്നവർ കേൾക്കട്ടെ ഈ വിജ്ഞാനം സ്വാം സ്വീകരിക്കാൻ ശ്രമിക്കുക ഇത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ നമ്മുടെ അടുത്ത രണ്ട് ക്ലാസ് മാർച്ച് ഇരുപത്തെട്ടാം തീയതി അക്ഷരം ബ്രഹ്മയോഗം അക്ഷരം ബ്രഹ്മം എന്താണെന്നാദ്യം പിന്നെ ആ ബ്രഹ്മത്തെ പ്രാപിക്കാനുള്ള മാർഗം ഒക്കെ ഇത് തന്നെ ഏപ്രിൽ നാലാം തീയതി ഏപ്രിൽ നാലാം തീയതിയും മാർച്ച് ഇരുപത്തെട്ടാം തീയതിയുമാണ് നമ്മുടെ ക്ലാസ് ഓർമ്മിച്ചുള്ളത് എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഈ അറിവ് കിട്ടാൻ അനുഗ്രഹിക്കട്ടെ ഈ അറിവ് നേടുകയാണ് ജീവിതത്തിൻ്റെ പരമലക്ഷ്യം മറ്റൊരു ലക്ഷ്യം കൊണ്ടും സാമ്രാജ്യം തരാമെന്ന് പറഞ്ഞാലും ഈ അറിവിനെ വിട്ടിട്ടുള്ള സാമ്രാജ്യമാണെങ്കിൽ വേണ്ടേ വേണ്ട ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമസ്കാരം